ആദരണീയരായ നേതാക്കളെ ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ആവേശമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തോട്ടുമുക്കത്തിന് വഴിയൊരുക്കുകയാണ് ഞാൻ സുദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് വികാര വിക്ഷോഭങ്ങളോടെ ആയിപ്പോകും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോകും അത് എന്റെ ഒരു പ്രകൃതിയാണ് എന്നാൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ വീണ്ടും വലിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആവർത്തിക്കട്ടെ ഞാൻ ഇക്ബാൽ ജാഹിൽ വാല എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ആ പ്രയോഗത്തിന് അന്ന് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ തന്നെ അങ്ങനെ ഉദ്ഘാടനം ചെയ്യുകയും ോംബെയിലെ തട്ടിപ്പുകാർ പല നിലക്കുള്ള ആളുകളുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പണത്തിന്റെ തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട് റൂമിൽ തട്ടിപ്പ് നടത്തുന്ന ആളുകളുണ്ട് വിദേശികളെ അവരുടെ ബാഗ് നോക്കി വിളിച്ച് ബേഗടക്കം കൊണ്ടുപോകുന്ന തട്ടിപ്പുകാരുണ്ട് ഈ തട്ടിപ്പുകാരൊക്കെ അതിനേക്കാളൊക്കെ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ ഈഹു അലൈഹി വസുടെ മുടി വടി എന്നൊക്കെ പറഞ്ഞ് ഔസുൽ ആലമിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞ് ഫോട്ടോ പ്രദർശിപ്പിച്ച് നടത്തുന്ന തട്ടിപ്പ് ആ തട്ടിപ്പുകാരനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഞങ്ങൾ നേരത്തെ നടത്തിയത് അത് ശരിവെക്കുന്നതാണ് അവരുടെ കൂട്ടത്തിൽ അതിന് വേണ്ടി പൊരുതിയ ആളുകളുടെ തട്ടിപ്പ് ഞാൻ ദീർഘമായി പറയുന്നു ഞാൻ ഒന്നുകൂടി വിളിച്ചോട്ടെ മിസ്റ്റർ എ പി മുസിയ നിങ്ങൾക്ക് എൺപത് വയസ്സായി എൺപത് വയസ്സ് ഞാനും നമ്മളീ കാണുന്ന ആളുകളൊക്കെ ചെറുപ്പമായാലും വലിപ്പമായാലും മരിക്കണം നിങ്ങളുടെ പ്രിയശിഷ്യൻ പേരോട് അബ്റഹ്മാൻ സത്താഫി പറഞ്ഞതുപോലെ ഉസ്താദിന് വയസ്സായല്ലോ ആർക്കും ഒരു മരണമുണ്ടല്ലോ ആ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഉസ്താദിനെ കേൾപ്പിക്കുക അബൂബക്കർ മുസ്ലിയ നിങ്ങളെ മുസ്ലിയാരെന്ന് വിളിക്കണോ മുതലിയാരെന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം മുസ്ലിയാരെന്ന് വിളിക്കുന്നതിൽ അങ്ങേറ്റ ലജ്ജയുണ്ട് എന്തുകൊണ്ട് അഷറഫ് ഉൽഫ്ഹി സാഹു അലഹി വസല്ല തങ്ങളോടുള്ള സ്നേഹമാണ് ഒരു മാനദണ്ഡം പറയുന്ന ഒരു അവസ്ഥ അവസരത്തിലേക്ക് അവരെത്താതിരിക്കാൻ നിങ്ങളെനിയെങ്കിലും ഇനിയെങ്കിലും ഇനിയെങ്കിലും നിങ്ങളതിന്റെ തയ്യാറാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാക്ക് കൂടി പറയുന്നു അക്കൂട്ടത്തിൽ നല്ല മനുഷ്യരുണ്ട് ആ കൂട്ടത്തിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഒരുപാട് ആളുകൾ സാധുക്കളായ ആളുകൾ ഇന്ന് നടന്ന മുഷാഫറയുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരത്തക്ക രീതിയിൽ അയില്ല രണ്ടാൾ തിരിഞ്ഞില്ലെങ്കിൽ ഒന്നും കൂടി പറയാം ഇന്ന് ചേർന്ന മുഷാഫറി റിപ്പോർട്ട് ഞങ്ങൾക്ക് ഇന്നതാ നടന്നേന്ന് പറഞ്ഞു തരാൻ രണ്ടാള് ആ നാൽപ്പതിലുണ്ട് സംശയമുണ്ടെങ്കിൽ നോക്കോ ചില്ലു വെച്ച് നോയ്ക്കോ കിട്ടാൻ വഴിയില്ല ഞങ്ങളുടെ ഓപ്പറേഷൻ ഇത് ഹമലത്ത് റസൂലില്ലാ ഹിസൊല്ല സാധാരണ ഓപ്പറേഷൻ തണ്ടർ ഉണ്ട് തണ്ടർ ബ്ലാക്ക് തണ്ടർ എന്നൊക്കെ പറഞ്ഞ ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ സൈനിക ഓപ്പറേഷൻ അറബി പറയ ഹമലാണ് ഹമലത്ത് അംസാരി റസൂൽ ഇല്ലാഹിസാഹു അലൈഹി വസ്സം ഇത് അള്ളാഹുവിന്റെ റസൂൽ വസ്ലമിയുടെ അംസാറുകളുടെ ഓപ്പറേഷനാണ് എടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇത് സത്യമാണ് ഞങ്ങളൊരു കാര്യം തുടങ്ങിയ സത്യ അവസാനം വരെ തെളിയിച്ചിട്ട് തന്നെ നിൽക്കുള്ളൂ ഒരു സ്ഥലത്ത് എത്തിച്ചിട്ടേ നിൽക്കുള്ളൂ ആ രീതിയിൽ ഞങ്ങൾക്ക് ഉസ്താദന്മാരുടെ പുരുത്തുമുണ്ട് ആ കൂട്ടത്തിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് ഒരു പ്രസംഗത്തിലും ഇരുപത്തി വർഷക്കാലമായി ഞങ്ങൾ ഒരു കുറ്റവും പറയാത്ത എം എ ഉസ്താദിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലുണ്ട് നല്ല പണ്ഡിതന്മാരുണ്ട് നല്ല സഹിതന്മാരുണ്ട് ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളുണ്ട് ഇതൊക്കെ ഹക്കായ ദീനാണെന്നും സുന്നതി ജമായത്താണെന്നും വിശ്വസിക്കുന്ന സാധാരണക്കാരായ സാധുക്കളായ പ്രവർത്തകന്മാരുണ്ട് അക്കാരണം കൊണ്ട് ഞങ്ങളോട് ദേഷ്യമുള്ളവരുണ്ട് സുന്നതി ജമായത്തിനെതിരായ ഞങ്ങൾ ഞങ്ങൾ ഒക്കെ ഈ വർക്കത്തിലൊക്കെ എതിരാണെന്ന് വിശ്വസിച്ചുകൊണ്ടും നമ്മൾ സുന്ന ജമായത്തിനെതിരാണെന്ന് അന്ധമായി അയാൾ വിശ്വസിപ്പിച്ചതുകൊണ്ടും ഞങ്ങളെപ്പോലും ആ ആത്മാർത്ഥതയുടെ പേരിൽ പെറുക്കുന്ന സഹൃദയരായ സത്യസന്ധരായ സാധുക്കളായ പാവങ്ങളായ ഒരുപാട് പ്രവർത്തകരുണ്ട് അവരോട് ഇങ്ങോട്ട് വരണം എന്ന് ഞങ്ങൾ പറയണില്ല അതെന്താ അല്ല ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് കുറവൊന്നുമില്ല കണ്ടില്ലേ ഞങ്ങൾ പാർട്ടി വലുതാക്കാൻ വേണ്ടി ഉദ്ദേശമില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട ഇവിടെ ആൾ നല്ലോണുണ്ട് വരണം ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ സംഘടന രൂപീകരിക്കണമെന്നും പറയുന്നില്ല ഞങ്ങൾക്ക് നിങ്ങളെ വെച്ച് ആഘോഷിക്കുകയും വേണ്ട പക്ഷേ സഹോദരങ്ങളെ സത്യം ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും സത്യം പ്രചരിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിൽ സത്യം ഉൾക്കൊള്ളുകയും ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണമെന്ന അഭ്യർത്ഥിക്ക മൂന്നാമതായി ഇതിനെ ആരെങ്കിലും പുതുതായി പേറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോട് പറയാനുള്ള വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ള ചില കാര്യങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി ഏതാണ്ട് നാല് പതിറ്റാണ്ട് കാലം തിറ്റാണ്ട് കാലം തിളങ്ങുന്ന രാഷ്ട്രീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അയാളെ പറ്റി ഒരു പരാതി ആർക്കും പറയാൻ കഴിയാത്ത വിധം നല്ല സൂത്രങ്ങൾ അറിയുന്ന ചാണകനായ കരുണാകരനെ മറിച്ചിടാൻ വരെ കഴിവുള്ള അത്ര ബുദ്ധിയുള്ള ആളാണ് വിവരമുള്ള ആളാണ് ഒരു കുരുത്തക്കടും ഇല്ലാത്തതുകൊണ്ട് വളരെ വൃത്തിയായിട്ട് പോയാലാണ് അയാളുടെ നേതൃസ്ഥാനത്തിന്റെ പോലും ഒരു വെല്ലുവിളി ഉണ്ടായിട്ടില്ല പക്ഷേ അസംഗതിക്ക് വന്നു നിങ്ങൾ പരിശോധിച്ചു വയ്ക്കോ അവിടുന്ന് ഇങ്ങോട്ട് വേണ്ട ദേവകൂട പ്രധാനമന്ത്രിയാ തറക്കല്ലിടാൻ വന്ന് ഇനിയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ അയക്കാൻ കയ്യിൽ ആ തറക്കല്ലിവിടെ അത് നാല് എൺപത് കോടിന്റെ കോളേജ് തറക്കല്ലിടുന്ന പറഞ്ഞിന് എൺപത് കോടി കുട്ടിയ പിരിച്ചിട്ടുണ്ടാകാം പക്ഷേ സംഭവമില്ല അയാൾ ആ തറക്കല്ലിട്ട് പോയതാ പിന്നെ പോയി ഇനിയൊരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ ആനയെക്കോട്ട് കഴിയുവരും ഏതാനും പ്രധാനമന്ത്രിയാവില്ല പ്രധാനമന്ത്രിയായ കയ്യിൽ താഴെ മന്ത്രിയാകാൻ പറ്റൂല ഇനിയൊരു മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആകാൻ കഴിഞ്ഞു പിന്നെ അങ്ങനെ കുറെ ചരിത്രമുണ്ട് പിന്നെ ഒരാൾ എന്തുകൊണ്ട് കൊടുക്കൂന്ന ആ കൊടുക്കൂ എന്ന് പറഞ്ഞയാള് കൊടുക്കൂ എന്ന് പറഞ്ഞ് പോയിട്ട് ആളൊരു തെരഞ്ഞെടുപ്പിന് അടിച്ച് ഭാര്യ തെരഞ്ഞെടുപ്പാണ് കർണാടക സംസ്ഥാനം ഒന്നിച്ച് കോൺഗ്രസ് കൊണ്ടുപോയി ബി ജെ പി നെ മലർത്തിയടിച്ചു അതിന്റെ ജനതാ ദള്ളിനെ മലർത്തി അടിച്ചു എല്ലാരും അടിച്ച് കോൺഗ്രസ് കിട്ടി എത്ര വരെ ഒന്ന് മത്സരിച്ചാ മതി വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല ജയോ എം എൽ തോക്കുന്ന സീറ്റിൽ നിർത്തി തന്നാ മതി എന്ന് സോണിയാ അപേക്ഷിച്ച ആള് നിന്നു ജയിച്ചു പോയി അങ്ങനെയാണ് ആ ആ സ്ഥിതിയിൽ കോൺഗ്രസിന്റെ വിജയമുണ്ടായ എന്നിട്ട് പോലും ഇറുവായും കുട്ടി ഒന്നാം സ്ഥാനത്തായില്ല രണ്ടാം സ്ഥാനത്ത് എസ് ഡി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഇനി അതിന്റെ അപ്പുറം ഒരു പതനാം മനുഷ്യന് വരാനില്ല പിന്ന വേറെ ചില ഇബ്രാഹിം കുട്ടിയന്മാർ അവരിങ്ങനെ ഇരുപത്തി ഏഴ് കോടിയൊക്കെ പ്രഖ്യാപിച്ചിട്ട് പോയി തിരുവനന്തപുരത്ത് എത്തിയപ്പോ കിട്ടി ഇതുവരെ ഇല്ലാത്തവർ ബെസ്റ്റ് മിനിസ്റ്റർ എന്നൊക്കെ പറഞ്ഞു വന്നയാളാണ് അയാൾക്ക് അവിടെ എത്തിയപ്പോ തന്നെ കിട്ടി വിജിലൻസ് വിജിലൻസ് അന്വേഷണം റോഡ് കുജ്ജായിട്ട് കുജ് പരമ്പരാ എന്നും പറഞ്ഞ തുടങ്ങാം തൊട്ടാക്കണിയും തൊട്ടാക്കണിയും ഇവിടെ സരിതായസ്നായർ നടത്തിയ തട്ടിപ്പ് യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സരിത നടത്തിയ തട്ടിപ്പ് നാല് കോടിയെ കഷ്ടിച്ചു വരൂ എന്നാ പറയുന്നു എഴുതുന്നു കേൾക്കുന്നു ഇനി ഗവൺമെന്റിന് ഒറ്റഴുക നഷ്ടപ്പെട്ടതായി തെളിയിക്കാൻ സാധ്യമാണോ എന്നാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ചോദിക്കുന്നത് ശരിയായിരിക്കാം അങ്ങനെ തെളിവില്ല ഗവൺമെന്റിന് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യവും എന്നിട്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷവും മറ്റുമൊക്കെ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത് അത് കുറെ കടുത്ത് വരെ ഇപ്പൊ ചീഫ് ബിപ്പ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അത് വന്നതിന്റെ ഗതികേട ഞാൻ നിങ്ങൾ പറയുന്ന മേട്ടർ അതല്ലാവി പറഞ്ഞതുപോലെ ഒരു ഒരു ഗവൺമെന്റിന് ഒരു രൂപ പോലും നഷ്ടപ്പെടാത്ത ജനങ്ങൾക്ക് കള്ളപ്പണം വിളിപ്പിക്കേണ്ട ആളുകൾക്കും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ഏഴ് കോടിക്ക് വേണ്ടി ഇത്രയേറെ എല്ലാ കോടതികളിലും ക്യാരിയറിംഗ് നടക്കുന്നു ഗവൺമെന്റ് അതിൽ അങ്ങേയറ്റ താല്പര്യമെടുക്കുന്നു ശിക്ഷിക്കപ്പെടുന്നു ശിക്ഷിക്കപ്പെടാനുള്ള വകുപ്പുകളൊക്കെ നോക്കുന്നു കുതൂഹലമുണ്ടാകുന്നു എന്റെ യാതൊരു തെളിവുമില്ലാത്ത നാൽപ്പത് കോടി രൂപ ൊട്ടാകെ പ്രവാചക സ്നേഹിക്കുന്നവരെ ഈ ഷെയർ മുബറക്കിന്റെ ഏറ്റവും പള്ളിക്ക് വേണ്ടി ഗ്രാൻഡ് മസ്ജിദിന് വേണ്ടി സംഭാവന ചെയ്യൂ എന്ന് പറഞ്ഞ് നിബിദ്ധങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്തിയ നാൽപ്പത് കോടി രൂപ തട്ടിപ്പ് നടത്തിയ മുസ്ലിമാരെ കൈകാര്യം ചെയ്യുന്നില്ല ഇതും വലിയ അത് ആത്മീയമായും വലിയ തട്ടിപ്പാണ് ഭൗതികമായും വലിയ തട്ടിപ്പാണ് അങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയ ഒരാളെ എന്തുകൊണ്ട് കൈകാര്യം ചെയ്യുന്നില്ല അതിന്റെ പേരിൽ അതിൽ ശിലയിടാൻ പോയ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയലാണ് സരിതായ സ്ഥായകളുടെ പേരിൽ രാജിവെക്കണം എന്ന് പറയുന്നതിനേക്കാൾ അഭികാമ്യം എന്ന് ഞങ്ങൾക്ക് തോന്നും അപ്പൊ പുതിയ കൂട്ടാളികളൊന്നും ഉണ്ടാ തൊട്ടാക്കെണിയും എന്ന് അവരോട് പറയാൻ ഞങ്ങൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ് ആരും തൊടാൻ നിൽക്കേണ്ട പുതുതായിട്ട് ഇത്രയും കാലം തൊഴാണ്ട് ഇപ്പൊ എങ്ങനെ അണഞ്ഞ് കൂടാതെ നടക്കേണ്ട ആരും എന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ് ഒന്നുകൂടി പറഞ്ഞോട്ടെ ഈ ഇക്ബാൽ ജാലിയ വാലയെക്കുറിച്ച് ബാബ എന്ന് വിളിക്കുകയും അയാളെ മഹാനായ വലിയായി പ്രകർത്തിക്കുകയും ചെയ്തു ഇവിടെ സാധാരണ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുഖ്മിനുകൾ അഖിലുസുന്ന ജമായത്തിന്റെ ആശയ ആദർശം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം ഇയാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഔലിയാക്കന്മാരിൽ ഒരാളും ഒരാളും ഇയാളെ അംഗീകരിച്ചിട്ടില്ല ഇയാൾ അംഗീകരി ഇയാളെ അംഗീകരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട കന്യാലമൂല ഫാഹുഹുലാജി എതിർത്തു വലിയ എതിർപ്പായിട്ടാണ് നടന്ന് നിയമമായ കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ എതിർത്തു തൃപ്പനച്ചി ഉസ്താദ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തൃപ്പനച്ചി ഉസ്താദിന്റെ അകത്തേക്ക് അടുത്തേക്ക് പോകാൻ പറ്റില്ല മരിച്ചപ്പോ ജനാത കാണാൻ തന്നെ പറ്റിയിട്ടില്ല അങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലം സീ കുട്ടി മുസ്ലിയാർ അന്ന് പോയ മൂസ മുസ്ലി ബോർഡിലെ മൂസ മുസ്ലിമാരും അടക്കമുള്ള ഇ മുസ്ലിയാരും ഒക്കെ കൂടി പോയപ്പോ പരിചയപ്പെടുത്തി കൊടുത്തു ഇത് ബോർഡിലെ മൂസ മുസ്ലി ആ എന്താ ഇങ്ങോട്ടിരിക്കും ഇത് എ അബൂബക്കർ മുസ്ലി ആ ഇയാളാരാ ഇയാളിപ്പോ സമസ്തന്റെ ജോയിന്റ് സെക്രട്ടറി സുബാണ് മഹാനായ വലിയ ജീവിച്ചിരിക്കുന്ന കാലത്ത് ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത പറഞ്ഞ ഞില്ല ഈ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ഒരു ഔലിയാക്കന്മാരും അയാൾ അംഗീകരിച്ചിട്ടില്ല എന്നിട്ട് ഈ ബാബാൻ ബാബ ബാബയാണ് എന്നിട്ട് പ്രസംഗിക്കുന്ന ഈ പറഞ്ഞ കൂട്ടർ തന്നെ ഇപ്പൊ പ്രസംഗിച്ച കൂട്ടർ തന്നെ പറഞ്ഞു അദ്ദേഹം മഹാനായ വലിയാണ് അതാണ് അമീദി പൈസി പോയപ്പോ നാട്ടിലുള്ള പോലീസുകാർ ഇപ്പൊ പുറത്ത് കുറെ ഔല്യാക്കന്മാരുണ്ട് അവര് നാട്ടിലെ പോലീസുകാരാണ് ഈ ക്യാമറ കുടിക്കുന്ന ആളൊക്കെ ഔലിയാക്കന്മാരാണ് അതുകൊണ്ട് അയാൾ മഹാനായ വലിയ ആളുകളാണ് അപ്പൊ ശരിയായ രീതിയിൽ അതിന് സുന്നത്തുകൾ ജമാത്തിന്റെ ശരിയായ ആളുകളെയും ഔലിയാക്കന്മാരെയും ഒന്നും അംഗീകരിക്കാതെ കള്ളത്തരത്തിലുള്ള ആളുകളെ മാത്രം ഒരാൾ ഇവരെ ഒരാൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോ തിരിഞ്ഞ് ഇത് സാധനം നമ്മൾ തന്നെയല്ല മയ്യത്ത് കുളിപ്പിക്കുമ്പോ തിരിഞ്ഞ് മനസ്സിലായല്ലോ ആ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മനസ്സിലായി ഇത് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ ഈ സാധനം തന്നെ നമ്മളതല്ല ആ രീതിയിലാണ് ഔലിയാക്കന്മാർ നേർക്കുള്ള ഔലിയാക്കന്മാരൊന്നും അംഗീകരിക്കില്ല റസൂലാഹില്ലാഹു അലൈഹി വസ്ലമ തങ്ങളോടാണെങ്കിൽ കടുത്ത അഥബ് കേട് കാണിക്കുകയും ചെയ്തു അപ്പോ നിങ്ങൾ മാപ്പ് പറയണം നിങ്ങൾ തിരിച്ചു പോകണം തോബ ചെയ്യണം അനുയായികളെ നല്ല വഴിയിലേക്ക് വിട്ടുകൊടുക്കണം നിങ്ങളുടെ തമ്മാടിത്തങ്ങൾ നിങ്ങളുടെ മോശത്തരങ്ങൾ നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന ഫിസ് അവസാനിപ്പിക്കണം ഞങ്ങൾ പുറത്ത് പറയാത്ത പറയാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ബൂബക്കർ മുസ്ലിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിയും ഇനിയും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ കൂടി താങ്കൾ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته